ജീവേഷു നിർണയ ചർച്ച ചെയ്തത് ആത്മാവ് ഏകമാണോ അദ്ദേഹമാണോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നടക്കും ഭേദത്തെ ആശ്രയിച്ചാണ് വ്യവഹാരങ്ങൾ നടക്കും അജീവ്യവഹാരങ്ങൾ ജീവന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം അഭേദത്തിൽ പ്രവർത്തനങ്ങൾ ഏകമാണ് ആത്മാവൽ ഏകമായ ആത്മാവൽ ആര് എങ്ങനെ എന്തിനോട് വ്യവഹരിക്കും വാക്കും പ്രവൃത്തിയും ചിന്തകളും എല്ലാം എങ്ങനെ നടക്കും ഇവിടെ വ്യവഹാരം നടക്കുന്ന എങ്ങനെയാണ് ആത്മഭേദ നിമിത്തയോ ആത്മഭേദം കൊണ്ടൊന്നും ഇതുപോലെയാണ് നടക്കുന്നത് എന്റെ അത് എന്തുകൊണ്ട് നടക്കുന്നു അവിദ്യകൃത്ത അവിദ്യ ൊണ്ടാണ് അത് നൽകുന്നത് ഇവിടെ അവിദ്യമായ എന്നെല്ലാം പറയുന്നു ഒരേ അർത്ഥത്തിനാണ് ഇനി വരുന്ന ഭാഗത്തും പറയും ഇതെല്ലാം ആ തുര്യന്റെ ഐശ്വര്യം തുര്യന്റെ ശക്തി വിശേഷം അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നു ഉദാഹരണം പറയുന്നു ഇവിടെ ആകാശത്തെയാണ് ഉദാഹരണമായി പറയുന്നത് ആകാശേക ാം മഹത്വാരൂപാണി വി ആകാശം ഒന്നേളൂ ആകാശം ഇരിക്കുന്ന ഉപാധിക്കനുസരിച്ച് അതൽപമാകാം വലുതാകാം അതിനനുസരിച്ച് തഥാകാര്യം ഉദക ആഹരണ ധാരണ ശയനാദി സമാഖ്യ ഒരിടത്ത് ആകാശത്തിൽ ജനം കൊണ്ടുവരുന്നു വേടത്തിൽ അതിൽ ജലത്തെ സൂക്ഷിച്ചുവെക്കുന്നു വരുടത്തിൽ അതേ ആകാശത്ത് തന്നെ മനുഷ്യൻ ഉറങ്ങുന്നു ഘടാകാശ കരുകാകാശ ഇത്യാ പേരതുപോലെ ഓരോന്നിനും വേറെ വേറെ പേര് കൊടുക്കുന്നു പേര് വേറെയാകുന്നു ക്രിയകൾ വേറെയാകുന്നു രൂപം വേറെയാകുന്നു ഭിന്നാഹദ ദൃശ്യം ഇതെല്ലാം വേറെ അനുഭവപ്പെടുന്നു ത്രത്തത്രവേ വ്യവഹാര വിഷയത്തിലും ഭിന്നിന്ന വ്യവഹാരങ്ങൾക്ക് ആശ്രയമായി തീരുന്നു ഇനി വരുമ്പോ പറയും ആത്മാവിന്റെ അദ്വയത്വം ഏകത്വം ആത്മാവിന്റെ നിർലയപത ആത്മാവിന്റെ വ്യാപകത്വം ഇതിനെല്ലാം ആകാശത്തോളം പറ്റി വേറൊരു ഉപമയില്ല ആകാശത്തിനോട് ഇതിനേക്ക് ഉപമിക്കാൻ പറ്റും സ്വർണവും ആഭരണങ്ങളും സമുദ്രവും തരംഗങ്ങളും അതൊന്നും അതുപോലും ശരിയായ ഇത്രയും വ്യക്തമായ ഉദാഹരണമല്ല എന്ന് പറയും എന്തുകൊണ്ട് ജലത്തിന് വികാരം സംഭവിക്കും സുന്ദ്രത്തിൽ തിരയുണ്ടാവണമെങ്കിൽ അവിടെ വികാരം സംഭവിക്കുന്നു സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടാകണമെങ്കിലും അവിടെ സ്വർണപ്പണിക്കാരന്റെ പ്രവൃത്തി അവിടെ എന്തെങ്കിലും സംഭവിക്കും പക്ഷെ ആകാശത്തിൽ ഈ കാണുന്ന കാഴ്ചകൾക്ക് ആകാശത്തിന് യാതൊരു ഉത്തരവാദിത്വമുണ്ട് ആകാശത്തിന് യാതൊരു പ്രവൃത്തിയും നടക്കുന്നുണ്ട് ആകാശം നിർവ്യകാരമായിരുന്നു കൊണ്ട് തന്നെ ആകാശത്തെ ആശ്രയിച്ച് മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നു അപ്പൊ ആകാശത്തോളം പറ്റിയൊരു ദൃഷ്ടാന്തം അദ്വൈതത്തിൽ വേറെ കിട്ടില്ല എന്നെടുത്ത് പറയുന്നുണ്ട് അതത്രമാണ് എങ്ങനെയാണോ ഈ ഭൂതാകാശത്തിൽ അണുമുതൽ ബ്രഹ്മാണ്ടം വരെയുള്ള സർവവും നിലനിൽക്കുന്നത് അതിനെ സ്പർശിക്കാതെ അതിന്റെ നിർലയിപ്പതേക്ക് യാതൊരു ഫോട്ടവും വരുത്താതെ സർവ വികാരങ്ങളും നിർവികാരമായതിൽ തന്നെ സംഭവിക്കുന്നു അതുതന്നെ ഇവിടെയും പറയുന്നു നിർവികാരമായിരിക്കുന്ന ബോധത്തിൽ സർവ്വവികാരങ്ങൾ സംഭവിക്കുന്നു കാരണം അദ്വൈതത്തെ മനസ്സിലാക്കാൻ പ്രയാസമായി വരുന്നു ജ്ഞാനം നിർവികാരമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിൽ സദാ വികാരങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിത്തം വികാരപ്പെടുന്നതാണ് ജ്ഞാനം എന്ന് നമ്മൾ ധരിക്കുകയാണ് ചിത്തവികാരമാണ് ജ്ഞാനം ഇവിടെ മറിച്ച് അങ്ങനെയല്ല ജ്ഞാനത്തിലെ വികാരമാണ് ചിത്തം എന്നാണ് പറയുന്നത് ജ്ഞാനത്തിൽ സംഭവിക്കുന്നു എങ്ങനെ ആകാശത്തിൽ ഇവിടെ പല വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു നാമവും രൂപവും സ്ത്രീയും എല്ലാം സംഭവിക്കുന്നു ആകാശത്തിനൊന്നും സംഭവിക്കുന്നില്ല അത് സംഭവിക്കുന്ന ആധാരം അല്ലെങ്കിൽ അത് സംഭവിക്കുന്ന ഇടം അവിടെ വികാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ ആ ഇടത്തെ ആശ്രയിക്കാതെ ഇങ്ങനെ ഒരു വ്യവഹാരം സംഭവിക്കുന്നില്ല അതുകൊണ്ട് തത്രയുള്ള വ്യവഹാര വിഷയമെന്ന് പറഞ്ഞു അറിവും പ്രവൃത്തിയും എല്ലാം നിലനിൽക്കുന്നത് അവിടെയാണ് ഈ ആകാശത്തിലാണ് ഇപ്പൊ സർവ വികാരങ്ങളെയും സർവവ്യവഹാരങ്ങളെയും നിലനിർത്തുന്ന ആകാശത്തിലൊന്നും വാസ്തവയ്ക്ക് സംഭവിക്കുന്നില്ല അത് സൂക്ഷ്മമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നു അതുപോലെ ആകാശത്തെയും ഉൾക്കൊള്ളുന്ന ഇടം അതാണ് ജ്ഞാനം ചിതാകാശം എന്ന് പറയുന്നു ജ്ഞാനം തന്നെ അവിടെ ആകാശമായിരുന്നു ചിത്തം തന്നെ ആകാശമായിരിക്കുന്നു ബോധാകാശം എന്നെല്ലാം പറയുന്നു അപ്പൊ അതിലും ഈ വികാരങ്ങൾ സംഭവിക്കുന്നതിനും ആ ബോധത്തിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിൽ വികാരങ്ങൾ സംഭവിക്കേണ്ട കാര്യമില്ല പ്രത്യക്ഷമായ അനുഭവത്തിന് വിരുദ്ധമാണതെങ്കിലും അതാണ് വാസ്തവം പ്രത്യക്ഷമായ അനുഭവം എങ്ങനെയാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ ഭാഗമായി ശരീരം ശരീരത്തിന്റെ ഭാഗമായി വരുന്ന ആകാശം പോലെ വ്യാപകമായ സ്ഥിതാകാശം ബോധാകാശം അതിനുള്ളിൽ ബാഹ്യമായ ഈ ഭൂതാകാശം അതിൽ നിലനിൽക്കുന്നു നിൽക്കുന്ന ആ ഭൂതാകാശത്തിൽ ബ്രഹ്മാണ്ടം പിഡം ശരീരം അതിലാണ് തലച്ചവർ അതിലാണ് ചിത്തവികാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിത്രവികാരങ്ങളെ നമ്മൾ ഈ ബോധാകാശത്തോട് താതാത്മ്യപ്പെടുത്തി അതെല്ലാം ബോധാകാശത്തിന്റേതാണ് എന്ന് ധരിച്ചു പോകുന്നു അതിനാണ് അഭ്യാസം എന്ന് പറയുന്നത് ഒരു താതാത്മ്യ ബോധം കൊണ്ടുവരുന്ന വ്യവഹാരങ്ങൾ ഇതെല്ലാം അടിസ്ഥാനമായി വരുന്ന ഭ്രാന്തി അതിനാണ് ഇവിടെ വിശദീകരിക്കുന്നത് സർവോയം ആകാശി ഉപാധി ഭേദഗതി വ്യവഹാരവും പരമാർത്ഥി ഭ്രാന്തി അതങ്ങനെ പരമാർത്ഥമാകും ആകത്തില്ല ഈ ആകാശത്തിൽ നടക്കുന്ന ബാഹ്യമായി ഭൂതാകാശത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അത് ഓരോ ഉപാധികളെ ആശ്രയിച്ച് നടക്കുന്നതാണ് അതുൾപ്പെടെ അതിന് ആധാരമായിരിക്കുന്ന ആകാശം ഉൾപ്പെടെ ഉപാധികൃതമായ ഓരോരോ ഉപാധികളെ ആശ്രയിച്ചു വരുന്ന ഈ ചലനങ്ങളെല്ലാം മുഖ്യമായും എന്തുപാധി വരുന്നു ചിത്തം എന്ന് പറയുന്നു ഉപാധി ആശ്രയിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ ചിത്തത്തെയും ഒരാകാശം എന്ന് പറയുന്നു അതുപോലെ ചിത്താകാശം എന്നു പറയും അന്ധകർണവും ഒരാകാശം തന്നെ അല്ലെങ്കിൽ ഈ അന്ധകരണത്തിലാണ് ഈ അവതാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാസ്തവത്തിൽ ചിത്തത്തിലാണ് ആ ചിത്തത്തിനും ആധാരമായിരിക്കുന്നതാണ് നിർവികാരമായിരിക്കുന്ന ബോധാകാശം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ ചിത്തത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ചിത്തവും ഭൗതികമാണ് സൂക്ഷ്മമാണെന്നേ ഉള്ളൂ എന്നാലും അതും ഭൌതികമാണ് അതിന്റെ ചലനങ്ങൾ അനുസരിച്ചിട്ടാണ് അതിന്റെ പരിണാമം അനുസരിച്ചിട്ടാണ് ബാഹ്യമായ ആകാശത്തിന്റെയും ആകാശത്തിലുള്ള പദാർത്ഥങ്ങളുടെയും എല്ലാം വ്യവഹാരങ്ങൾ അനുഭവപ്പെടുന്നു ചിത്തപരിണാമനുസരിച്ചാണ് ചിത്രം ചലിക്കുമ്പോൾ അത് തന്നെ പ്രപഞ്ചത്തിന്റെ ചലനം ചിത്രത്തിന്റെ നിശ്ചലതന്നെ പ്രപഞ്ചത്തിന്റെ നിശ്ചലത ആ ചലിക്കുകയും ചലിക്കാതിരിക്കുകയും ചെയ്യുന്ന ചിത്രം ആ ചിത്രത്തിനു ആധാരമായിരിക്കുന്നതാണ് ബോധാകാശം അതുകൊണ്ട് വാശിഷ്ടത്തിലും മറ്റും അങ്ങനെ മൂന്നായിത്തിരി ഭൂതാകാശം ചിത്താകാശം ചിതാകാശം എന്നിങ്ങനെ വേറെ തിരിച്ച് പറയും ബാഹ്യമായി കാണുന്ന ഭൂതാകാശം അതും നിശ്ചലമാണ് പരമാർത്ഥമായിരിക്കുന്ന ചിത്താകാശവും അത് നിശ്ചലമാണ് അതിനിടയ്ക്ക് നിൽക്കുന്ന ഈ ചിത്താകാശം അതിലാണ് വ്യവഹാരങ്ങളെല്ലാം ബാഹ്യമായി കാണുന്ന ഈ ഭൂതാകാശത്തിന്റെ നിശ്ചലത അതും ഈ ചിത്താകാശത്തിന്റെ സൃഷ്ടിയാണ് അത് സൃഷ്ടിക്കുന്നതാണ് അതും ആപേക്ഷികമാണ് എന്തുകൊണ്ട് അദ്വൈതത്തിൽ അതും നശിക്കുന്നതാണ് നശിക്കുന്ന ഒന്നിനും നിശ്ചലമായിരിക്കാൻ പറ്റത്തില്ല പരമാർത്ഥത്തിന് നിശ്ചലമായിരിക്കില്ല അതിനും വികാരപ്പെട്ട് നാശം സംഭവിച്ചേ പറ്റും ആകാശത്തിനും നമ്മൾ നിശ്ചലമെന്ന് കരുതുന്ന നിർവികാരം നിർലേപം എന്നെല്ലാം ആകാശത്തിനും വികാരം സംഭവിച്ചില്ലാതായിരിക്കും അപ്രത്യക്ഷമായിരിക്കും അതിനും കാരണമായിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ചലനം കൊണ്ട് അതിനും ഉത്പത്തി നാശവും സംഭവിക്കും എല്ലാ വ്യവഹാരങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത് ചിത്താകാശമാണ് അതിനാധാരമായിരിക്കുന്ന ചിതാകാശത്തിൽ ഇതെല്ലാം ആരോപിതമായി കൽപ്പിതമായും നിലനിൽക്കുന്നു അതുകൊണ്ടെന്താണോ രൂപാധികൃത ഭേദവും വ്യവഹാരമോ എന്ന പരമാർത്ഥ ഇത് പരമാർത്ഥമല്ല ജീവന് ഈ ചിത്തത്തിനോടുള്ള ഒരിക്കലും സാധനഗതിയിൽ വേറിതിരിക്കാൻ കഴിയാത്ത താതാത്മ്യം ആ താതാത്മ്യം കൊണ്ടാണ് ഇവിടെ നിശ്ചലതയും ചലനവും എല്ലാം അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ആകാശത്തിന് ഉത്തമമായ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് പരമാർത്ഥ വസ്തു ആകാശ ചിഹ്ന ഭേദഭാവസ്ഥ ബാഹ്യമായി ഭൂതാകാശത്തിൽ വാസ്തവത്തിൽ ഭേദമില്ല ഇവിടെ പലതരത്തിലുള്ള ആകാശം അടുത്ത് പറയും ഒരു സൂചി കുഴയിലും ഉണ്ടാകാശം അതുപോലെ അതേ ആകാശത്തിൽ തന്നെയാണ് ഈ ഭൂമി നിലനിന്ന് ആകാശം അണവുമാണ് മഹത്വമാണ് എന്തുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ചും പറയുന്ന അണവരണീയൻ മഹത്വും വർഗീയൻ ആകാശത്തെ പോലെയാണ് ഏറ്റവും സൂക്ഷ്മമാകാൻ കഴിയും അതേസമയം ഏറ്റവും ബൃഹത്വമാണ് ആകാൻ സമയം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലും അതിൽ അണുവും മഹത്ത് എന്നുള്ള ഭേദമില്ല ആ ഭേദം കൽപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി അവിടെ സൂര്യ വേണം അല്ലെങ്കിൽ ഭൂമി വേണം ഭൂമിയെ സങ്കല്പിച്ചാൽ അതിന് നിലനിൽക്കുന്നതിനുള്ള ഇടം അത്രയോ ബൃഹത്താണ് അങ്ങനെ പ്രപഞ്ചത്തെ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഇടം അത് ബൃഹത്താണ് കൽപ്പിക്കുന്നു ആകാശത്തിൽ അങ്ങനെ ഒരു ഭേദം പറയാനില്ല അണു ബൃഹത്ത് എന്നൊരു ഭേദം പറയാനില്ല എന്നാ ആകാശേദനിമിത്തോ വ്യവഹാരോ അസ്ഥരേണ പരോപാധികൃതം ദോരം വാസ്തവത്തിൽ ആകാശത്തിന്റെ ഭേദം കൊണ്ടിവിടെ ഒരു വ്യവഹാരം സംഭവിക്കുന്നുണ്ട് ആകാശം രണ്ടായതുകൊണ്ടല്ല പറയുന്നത് സൂചിക്കുഴയിലെ ആകാശം ഭൂമിയെ നിലനിർത്തുന്ന ആകാശം എന്നെല്ലാം പറയുന്നത് ആകാശഭേദം കൊണ്ടല്ല പര ഉപാധികൃത അതിൻ്റെ എല്ലാം ഉപായമായിരിക്കുന്ന എന്താണ് പര ഉപാധികളാണ് ആകാശത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ഉപാധികളാണ് സൂചിയും ഭൂമിയും ഇതൊക്കെയാണ് ഉപാധികൾ അതാണ് വാസ്തവമെങ്കിൽ ഇവിടെ ആത്മഭേദത്തിൽ പ്രത്യക്ഷാനുഭവസിദ്ധമായിരിക്കുന്ന ആത്മഭേദം ആകാശഭേദവും പ്രത്യക്ഷാനുഭവസിദ്ധമാണ് പ്രത്യക്ഷമായി അറിയുന്നു ഇതൊരു ചെറിയ ഇടമാണ് അതൊരു വലിയ ഇടമാണ് ആകാശം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇടം എന്നുള്ള അർത്ഥമേ ഉള്ളൂ ആകാശം എന്ന് പറയുമ്പം നമ്മൾ സാധാരണ പറയുന്ന മാനം എന്ന് പറയുന്ന മലയാളത്തിൽ അർത്ഥം എടുക്കരുത് അതന്നെ ഇവിടെ പറയുന്നു അല്ലെങ്കിൽ കൈ അങ്ങനെ ചിന്തിക്കരുത് ടം അതാണ് ആകാശം കൊണ്ട് പറയുന്നത് അങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് ആശയക്കുഴപ്പം വരും ഒരു വസ്തുവിന് നിലനിൽക്കാനുള്ള ഇടം വായു തുടങ്ങിയ വസ്തുക്കൾ വായു ജലം അഗ്നിഭൂമി ഇതാണ് ഈ നാലും നിലനിൽക്കുന്ന ഇടം അതാണ് ആകാശം അത് ആ വസ്തുക്കളിലുള്ള ഭേദം കൊണ്ട് ആകാശഭേദം പറയുന്നു പരോപാധി വ്രതം അന്യോപാധി വ്രതമാണ് അതുപോലെ ഇവിടെ ഓരോ ജീവനും ഭേദത്തെ അനുഭവിക്കുന്നു പ്രത്യക്ഷമാണ് ആകാശഭേദത്തെ പ്രത്യക്ഷമായി പറയും അനുഭവിച്ചു പറയുന്നത് ചെറിയ ഇടമാണ് അത് വലിയ ഇടമാണ് ചെറിയൊരു അവകാശമാണ് മറ്റൊരു അവകാശമൊന്നും സംസ്കൃതത്തിൽ അവന് പറയുന്നു മലയാളത്തിൽ അവകാശമല്ല റൈച്ച് അവകാശമല്ല തെറ്റിദ്ധരിക്കരുത് അത് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു ചെലതും വരതുമായി അതുപോലെ ജീവഭേദവും അനുഭവപ്പെടുന്നു ഞാൻ നീ എന്നുള്ള ഭേദം അനുഭവപ്പെടുന്നു യഥാ തദ്വദേഹോപാധികൃതൃത ജീവേഷു ഘടാകാശസ്ഥാനീയേഷു ആത്മസ്വ നിരൂപണാത് കൃതവും നിർണ്ണയോ നിശ്ചയിച്ച യഥാ ഇവിടെ എങ്ങനെയാണോ ഈ ഭൗതികമായ ബാഹ്യമായ ഈ ഇടങ്ങളിൽ സംഭവിക്കുന്നത് വലിപ്പച്ചെറുപ്പങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ആത്മാവനും ഭേദം പ്രത്യക്ഷമായി അനുഭവപ്പെടും പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നുണ്ട് സത്യമല്ല എന്നുകൊണ്ട് ഉപാധികൃതമാണ് ശരീര മനുഷ്യ ശരീരം കൊണ്ട് പറയുന്നു ഞാൻ വേറെ നീ വേറെ ഞാനൊന്ന് സംബോധന ചെയ്യുന്ന ആത്മാവിനെയാണ് പക്ഷേ മറ്റൊരു ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ഞാനൊന്നും സംബോധന ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ദേഹഭേദമുണ്ട് അതുകൊണ്ട് അതിനെങ്ങനെ സംബോധന ചെയ്യുന്നു നീയെന്ന് സംബോധന ചെയ്യുന്നു അപ്പൊ ഞാൻ നീയെന്ന് സംബോധന ചെയ്യുന്നുകൊണ്ട് അവിടെ ഭേദം ഞാൻ ഞാനെന്ന് സർവ്വ ശരീരങ്ങളിലും സംബോധന ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ ഭേദമില്ല പക്ഷെ അത് കഴിയുന്നില്ല ഭേദം പ്രത്യക്ഷമാണ് പ്രത്യക്ഷ സത്യമായി അനുഭവപ്പെടുന്നു സത്യമല്ല സത്യം പോലെ അനുഭവപ്പെടുന്നു എന്തുകൊണ്ട് ജീവേഷു ഘടാകാശസ്ഥാനീയേഷു ഈ ഓരോ അനുഭവവും ഞാനെന്നും നീയെന്നും അറിയുന്ന അനുഭവങ്ങൾ ഒരു ശരീരത്തെ ആശ്രയിച്ച് ഞാനെന്നറിയുമ്പോൾ മറ്റൊരു ശരീരത്തെ ആശ്രയിച്ച് നീയെന്നറിയുന്നു ഈ രണ്ടനുഭവങ്ങളും ഒന്നിനെ തന്നെ ബോധിപ്പിക്കുന്നു ഞാനെന്ന അനുഭവം നീയെന്ന അനുഭവം അഹം എന്നുള്ള അനുഭവം ഇതം എന്നുള്ള അനുഭവം അസ്മത് എന്നുള്ള അനുഭവം ഇഷ്മത് എന്നുള്ള അനുഭവം ചർച്ച ചെയ്തതാണ് ഈ അനുഭവങ്ങളെല്ലാം എന്താണോ ഇത് അനുഭവത്തിൽ ഭേദത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അദ്വൈതത്തെ സൂചിപ്പിക്കുകയാണ് അത് ബുദ്ധിമന്ത്ര നിർണയമാണ് ബുദ്ധിമാന്മാരുടെ നിശ്ചയം താ വിവേകിയിൽ അതിനെ ഞാൻ നീയെന്ന് രൂപത്തിൽ അനുഭവപ്പെടുന്ന ഈ അനുഭവത്തെ അദ്വൈതമായിട്ടറിയുന്നു ബുദ്ധിമാന്മാരുടെ നിശ്ചയം അതാണ് ബുദ്ധിമാന്മാർക്ക് വിവേകികൾക്ക് എന്താണോ ഈ ഭേദങ്ങളെല്ലാം ചിതാകാശത്തിൽ സ്ഥിതി ചെയ്യും ബോധാകാശത്തിൽ ഇത് ഈ ഭേദങ്ങൾ സ്ഥിതി അല്പം ചിന്തിച്ചാൽ മനസ്സിലാകും ഉപാധികളിലെ ഭേദമുള്ളൂ അത് നിലനിൽക്കുന്ന ഇടത്തിൽ ഭേദമില്ല അത് ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ബോധം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ബോധം കൊണ്ട് വിവേകികളും മനസ്സിലാക്കുന്നു അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് സത്യത്തെ അറിയുന്നു പറയും ജ്ഞാനും കൊണ്ട് മോക്ഷമെന്നു അങ്ങനെയാണ് വിവേകികൾ മനസ്സിലാക്കുന്നു ബോധാവകാശത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നു ഭൂതാകാശത്തെ സ്പർശിക്കാതെ ഭൂതാകാശത്തിൽ ഒരു ഭേദവും സൃഷ്ടിക്കാതെ ഈ ഭേദങ്ങളെല്ലാം നിലനിൽക്കാമെങ്കിൽ അതേപോലെ ഈ ബോധാകാശത്തിൽ ഈ ശരീരഭേദങ്ങൾ ഈ ഉപാധി ഭേദങ്ങളെല്ലാം നിലനിൽക്കാം അതങ്ങനെ ഭിന്നങ്ങളായി നിലനിൽക്കെ തന്നെ അത് ഈ ചിതാകാശത്തെ സ്പർശിക്കുന്നില്ല ചിതാകാശത്തെ ഈ ഭേദങ്ങൾ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് ഞാനീയുടെ അനുഭവം ഇനി വരുമ്പോ പറയും വാസുദേവ സർവമിതി വാസുദേവനാണ് സർവമെന്നുള്ള അനുഭവം അതാണ് ശബ്ദങ്ങൾക്കേ മാറ്റുള്ളൂ ചിലടത്ത് ചിതാകാശം എന്ന് പറയും ചിലടത്ത് ബോധാകാശം എന്ന് പറയും ബ്രഹ്മം എന്ന് പറയും ആത്മാവെന്ന് പറയും വാസുദേവൻ എന്ന് പറയും വിഷ്ണു എന്നു പറയും പരാശക്തി നരെയും പല ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു ശബ്ദങ്ങളൊന്നും തന്നെ പരമാർത്ഥമല്ല ആ ശബ്ദങ്ങളിലൂടെ ലക്ഷ്യമാകുന്ന തത്വമാണ് പരമാർത്ഥം ആ തത്വ ബോധത്തിൽ സ്ഥിതി ചെയ്യുന്നവരെയാണ് ഇവിടെ ജ്ഞാനികളെന്ന് പറയുന്നത് ഇവിടെ പറയുന്ന എന്താണ് ബുദ്ധിമന്ത് വിവേകമുള്ളവർ എന്ന് പറയുന്നത് അവരുടെ അനുഭവത്തിൽ തലച്ചോറിലല്ല ബോധം ബോധത്തിലാണ് തലച്ചോർ തിരിഞ്ഞു ബോധത്തിലാണ് ഇതെല്ലാം നിക്കുന്നത് ബോധത്തിൽ ചിത്തം സ്പന്ദിക്കുന്നു ബോധത്തിലെന്ന് പറയുമ്പോൾ തുരിയനില് ചിത്തം സ്പന്ദിക്കുന്നതുകൊണ്ട് വികാരം ആരംഭിക്കുന്നു അവിടെ ആ സ്പന്ദനം കൊണ്ട് പ്രപഞ്ചഭാനം ഉണ്ടാവുന്നു പ്രപഞ്ചാനുഭവം ഉണ്ടാവുന്നു ഇതാണ് പരമാർത്ഥം നിശ്ചയം എന്ന് പറഞ്ഞാൽ ആ പരമാർത്ഥബോധത്തിന് മാറ്റം വരുന്നില്ല പരമാർത്ഥത്തിന് മാറ്റം വരാത്തുകൊണ്ട് പരമാർത്ഥബോധത്തിനും മാറ്റം വരുന്നുണ്ട് വികാരങ്ങൾക്കെല്ലാം വികാരം എന്നാൽ തന്നെ എന്റെ അർത്ഥം നമ്മളാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വികാരങ്ങളെ സംബന്ധിച്ചുള്ള ബോധങ്ങളും മാറിപ്പോകുന്നതാണ് ചിത്രത്തിന്റെ ചലനം ചിത്രത്തിന്റെ ചലനം എന്ന് പറയുമ്പോൾ അത് ഈ വികാരങ്ങളെക്കുറിച്ചുള്ള ബോധമാണ് ആ സ്വയം തന്നെ വികാരമാണ് അതും തന്നെ അത് കത്തില്ല അത് മാറിക്കും അത് മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ മാറാത്ത തത്വത്തിന്റെ ബോധം അത് ആ തത്വത്തിനൊന്നും അന്യമുണ്ട് അതുകൊണ്ട് തന്നെ മാറ്റമുണ്ട് ആ തത്വത്തിന്റെ തന്നെ പ്രകാശമാണ് അതിൽ പ്രകാശിക്കുന്നതായി സർവത്വം അറിയുന്നു അവിടെയാണ് അദ്വൈത സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന് മാറ്റമില്ല കാരണം മാറാത്തതിനാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത് ആ മാറാത്തതിന്റെ സാക്ഷാത്കാരം അതിൽ നിന്ന് അന്യമല്ല അതുകൊണ്ട് അതിന് മാറ്റം സംഭവിക്കുന്നില്ല മാറ്റം സംഭവിക്കാത്ത ജ്ഞാനത്തിനാണ് നിശ്ചയം എന്ന് പറയുന്നത് നമ്മൾ ലൗകികമായി പറയുമ്പോൾ അങ്ങനല്ല നിശ്ചയം സംശയം എന്ന് പറയുന്നു സംശയം എന്ന് പറയുമ്പോൾ അവിടെ മാറ്റം വരുന്നു ബോധം രണ്ട് കോടിയിലേക്ക് സംശയിക്കും സഞ്ചരിക്കുന്നു അതാണോ ഇതാണോ നിശ്ചയം എന്ന് പറയുമ്പോൾ ഏകരൂപത്തിൽ നിൽക്കുന്നു ആത്മബോധവും പരമാർത്ഥബോധവും നിശ്ചയമാണ് കാരണം പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ല പരമാർത്ഥത്തിന് മാറ്റമല്ല അതാണ് അതിന്റെ താല്പര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഖ്യ സേ തത്ര ഭേദോസ്തിജീവേഷ ൃത ഘടാ ആകാശമെന്നുള്ള ആ ഉദാഹരണത്തിലൂടെ ആത്മാവിന്റെ നിസ്സംഗത സർവവ്യാപകത അത് വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ബുദ്ധിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ശ്രോതാവിന്റെ ബുദ്ധിയെ ബോധ്യപ്പെടുത്താൻ ഇതിന് വേറൊരു ദൃഷ്ടാന്തം കാരണം ഈ പ്രപഞ്ചത്തിൽ നിർവികാരമായ മറ്റൊരു വസ്തു നോക്ക അനുഭവത്തിൽ വേറെ ഒന്നിനെ എടുക്കാൻ നിവൃത്തിയില്ല ദൃഷ്ടാന്തം പറഞ്ഞാലും അതെല്ലാം വികാരത്തിന് ഉദാഹരണങ്ങളാണ് അതെല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം പക്ഷെ ആകാശത്തിന്റെ പരിണാമം അത് അനുഭവത്തിന് വിഷയമാകുന്നു ആകാശത്തിന്റെ ശൂന്യത അത് നമ്മുടെ അനുഭവത്തിന് വിഷയമാകുന്നു ആകാശത്തിന്റെ ഉത്പത്തി അതാരും കണ്ടിട്ടില്ല അതുകൊണ്ട് ആകാശത്തിന്റെ ആ ഉദാഹരണത്തെ ആശ്രയിച്ചു തന്നെ ആത്മാവിന്റെ സ്വരൂപത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ആകാശത്തിന് ഇത്രയൊക്കെ വിശേഷതകളുണ്ടെങ്കിൽ ഇതുപോലെ ധരിക്കുക ആത്മാവിനെയും എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഇവിടെ ഒരു കാര്യം ശരിയാണെന്താണ് ആകാശം വ്യാപകമാണ് അത് നിർവീകാരമാണ് പക്ഷേ നമ്മുടെ വ്യവഹാരത്തിൽ ആകാശം കൊണ്ടാണെങ്കിലും ഈ ഭേദം സത്യമായിട്ടാണല്ലോ നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് നമ്മുടെ അനുഭവത്തിൽ ആകാശത്തിൽ ഭേദമില്ല പക്ഷേ നമുക്ക് പറയണം ഇത് ചെറിയ ആകാശമാണ് ഇത് വലിയൊരാകാശമാണ് ഇങ്ങനെ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ ഭേദം ഈ ഭേദം സത്യമായതുകൊണ്ടാണല്ലോ ഇതിനെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ നടക്കുന്നത് ഉപാധികൃതമാണ് എന്ന് പറയാമെങ്കിലും ഉപാധിയോടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഭേദം നോക്ക് പരമാർത്ഥമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ആകാശം അവിടുത്തെ ആകാശം എന്ന് അതിന് പറയുന്നത് ഇതെന്തുകൊണ്ട് പരമാർത്ഥമായി കൂടാന്നാണ് ഇവിടുത്തെ ചോദ്യം ആ പരമാർത്ഥമായ ഭേദത്തെ ആശ്രയിച്ച് എന്തുകൊണ്ട് ഈ വ്യവഹാരങ്ങൾ സംഭവിച്ചുകൂടാ കാരണം ഈ ഭേദ വ്യവഹാരം നമുക്ക് അനുഭവപ്പെടുന്നത് പരമാർത്ഥമായിട്ടാണ് തത്വം അതല്ല എന്നും ശാസ്ത്രം ബോധിപ്പിച്ചാലും ഭേദവ്യവഹാരങ്ങളെല്ലാം പരമാർത്ഥമായി അനുഭവപ്പെടുന്നു ഞാൻ നീ എന്നുള്ള ഈ ഭേദം യഥാർത്ഥമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഭേദത്തെ ആശ്രയിച്ച് ഭേദവ്യവഹാരം എന്ന് എന്തുകൊണ്ട് സ്വന്തം അനുഭവത്തെ ആശ്രയിച്ച് ഞാൻ ഇത് അത് ശരിയല്ല പരമാർത്ഥാകാശ സാകാശമൊന്നും വികാര അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല കാരണം ആകാശത്തിൽ ഒരു എന്തെങ്കിലും ഒരു വികാരം സംഭവിച്ച് ഒരു പരിണാമം സംഭവിച്ച് ആകാശത്തിൽ ഭേദം സംഭവിച്ചിരുന്നെങ്കിൽ അത് പറയാമായിരുന്നു ഭേദം ഒരിടത്ത് സംഭവിക്കുന്നുവെങ്കിൽ അത് വികാരത്തെ ആശ്രിച്ചേ സംഭവിക്കത്തുള്ളൂ നടക്കുന്നിടത്ത് പോലും സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഭേദമില്ല എന്നാലും സ്ഥൂലദൃഷ്ടിയിലിവിടെ പറയുകയും ബാഹ്യ ബുദ്ധികളുടെ അഭിപ്രായത്തിൽ പറയുകയാണ് ഒരു തരത്തിലും ഭേദത്തെവിടെ സ്വീകരിക്കാൻ നിവർത്തിയില്ലായിരുന്നു ഭേദം സത്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ മഹാകാശത്തിൽ എന്തെങ്കിലും ഒരു വികാരം സംഭവിച്ച് ഇവിടെ ഒരു ചെറിയ ആകാശം ഉണ്ടാകുന്നില്ല യഥാ സുവർണസ്യ ഒരു ജകാത്രി യഥാ അപാമ്പുഭുത കിമാതി സുവർണത്തിൽ നിന്ന് ഒരു ജകം പണ്ഠാഭരണം കഴുതിലണിയുന്ന ആഭരണം ഉണ്ടാകും അതാണ് ഒരു ജകം അവിടെ സുവർണത്തിലൊരു വികാരം സംഭവിച്ചതെന്ന് നമുക്ക് പറയാം പരമാർത്ഥത്തിൽ ചിന്തിച്ചാൽ അത് ഒന്നാണെങ്കിലും സുവർണത്തിന്റെ ഒരു വികാരം സംഭവിച്ചതെന്ന് പറയുന്ന വാസ്തവമാണ് എന്ത് വികാരം അസംഭവിച്ചവിടെ രൂപവ്യത്യാസം അതിനനുസരിച്ച് അതിന് നാമഭേദം വന്നു അതിനാഭരണമെന്ന് പറയും അവിടെ അത് വികാരത്തിൽ കൊണ്ടുവരുന്ന ഉദാഹരണമാണ് സാധാരണ അതാണ് ദൃഷ്ടാന്തമായി പറയുന്നത് ആഭരണവും പോലെ വികാരം വന്നിട്ടും അത് പക്ഷെ വികാരം അവിടെ സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ബാഹ്യമായൊരു പ്രവർത്തനം ഇവിടെ നടന്നിരിക്കുന്നു അതുപോലെ സമുദ്രത്തിൽ ഭേന ബുദ്ധുത ഹിമാതി ജലത്തിൽ നിരകളുണ്ടായി കുമിളകളുണ്ടായി പിന്നീടത് ഐസായി മാറി മഞ്ഞായി മാറി ഹിമം അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു വികാരങ്ങൾ സംഭവിക്കുന്നു തത്വത്തിൽ ഒന്നാണെങ്കിലും വികാരം സംഭവിച്ചു വികാരം സംഭവിച്ചതുകൊണ്ട് നമ്മളിവിടെ ആ വികാരം കൊണ്ടുവന്ന ഭേദത്തെ ആശ്രയിച്ച് പറയുന്നു ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു അതാണ് വ്യവഹാരം തത്വത്തിൽ ജലവും ഹിമവും ഒന്നു തന്നെ പക്ഷെ എന്നാലും ഇവിടെ ഭേദമുണ്ടല്ലോ രണ്ടിനെ ആശ്രയിച്ചുള്ള രൂപവ്യത്യാസം വന്നു നാമവ്യത്യാസം വന്നു പ്രവൃത്തിയിലും വ്യത്യാസം വന്നു ജലത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികളെല്ലാം അഹിമത്തെ ആശ്രയിക്കുന്നു അപ്പോ ഭേദവ്യവഹാരത്തിന് ബാഹ്യമായ ഭേദത്തെ ആശ്രയിച്ച് ആശ്രയിക്കേണ്ടി വരുന്നു എന്നാൽ ആകാശത്തിൽ അങ്ങനെ വന്ന് സംഭവിക്കുന്നുണ്ടോ ആകാശത്തിൽ ഒരു വികാരം സംഭവിക്കാതെ തന്നെ ചെറിയ ആകാശവും വലിയ ആകാശവും നമ്മൾ വ്യവഹരിക്കുന്നു ആകാശത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടില്ല അവിടെ ബാഹ്യമായ ആകാശത്തിൽ നിന്നും ഭിന്നമായ ഉപാധികളെ ആശ്രയിച്ചിട്ടാണ് ജലത്തിൽ വ്യത്യാസം വരുന്നത് അങ്ങനെ ജലത്തിൽ നിന്നും ഭിന്നമായ എന്തെങ്കിലും ഒരു ഉപാധി അവിടെയില്ല ജലം തന്നെ മറ്റെന്തെങ്കിലും ഉപാധികൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രത്യക്ഷമല്ല ജലം ഹിമവാകുന്നതിന് പക്ഷെ അതൊന്നും നമുക്ക് പ്രത്യക്ഷമല്ല അതിന്റെ തന്നെ പരിണാമം കൊണ്ട് അവിടെ സംഭവിച്ചിരിക്കുകയാണ് അതുപോലെ ജലത്തിന് മാറ്റം വന്നു നമ്മൾ അനുഭവത്തിലൂടെ അറിയിച്ചിരിക്കുന്നു അതുപോലെ ഏകമായിരിക്കുന്ന ആകാശത്തിന് എന്തെങ്കിലും ഒരു പരിണാമ ഒരു മാറ്റം സംഭവിച്ചിട്ടല്ല ഈ ഭേദവ്യവഹാരം വരുന്നത് വലുത് ചെറുത് അടുത്തുള്ളത് അകലെയുള്ളത് മേലുള്ളത് കീഴിലുള്ളത് ഈ തരത്തിലുള്ള വ്യവഹാരങ്ങൾ വരുന്നത് എന്തെങ്കിലും ഒരു ഭേദം വികാരം ഇവിടെ ഇവിടെ ചോദ്യം പറഞ്ഞതാണ് ആത്മാവ് ഏകമാണ് സർവവ്യാപകമാണ് ജ്ഞാനസ്വരൂപമാണ് അങ്ങനെയിരിക്കുന്ന ആത്മാവിൽ ഒരു വ്യത്യാസവും വരാതെ ഒരു ഭേദവും വരാതെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു ഞാൻ നീ എന്നുള്ള ഭേദം സംസാരം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അത് വ്യക്തമാക്കുകയാണ് ഒരു വസ്തുവിന്റെ സ്വരൂപത്തിൽ ഒരു ഭേദവും വരാതെ ആ വസ്തുവിനെ ആശ്രയിച്ച് നാനാ വ്യവഹാരങ്ങൾ വരാം ആകാശമെന്ന് പറയുന്ന ആ വസ്തുവിൽ ഒരു അതിന്റെ സ്വരൂപത്തിൽ ഒരു പരിണാമവും ഒരു വികാരം സംഭവിക്കാം സുവർണത്തിലും ജലത്തിലും വന്നതുപോലെ പോലും ഒരു വികാരം സംഭവിക്കാതെ തന്നെ ആകാശത്തിൽ പലതരത്തിലും വ്യവഹാരം വരും അതിനെ കുറിച്ച് പറയുന്നത് എന്താണ് അത് മികളിലാണ് അത് താഴെയാണ് അത് ചെറുതാണ് വലുതാണ് നാനാ വ്യവഹാരങ്ങൾ അതിനെ ആശ്രയിച്ചു വരും ഈ വ്യവഹാരത്തിന് ഭേദവ്യവഹാരത്തിന് വസ്തു സ്വരൂപത്തിൽ ഒരു മാറ്റവും വേണ്ട ചിന്തിച്ച് മനസ്സിലാക്കാൻ നമ്മളോട് ആവശ്യപ്പെടുക അതങ്ങനെ സംഭവിക്കാമെങ്കിൽ ഈ ബോധാവകാശത്തിനും ഒരു പരിണാമവും സംഭവിക്കാതെ ഈ ചിത്തവ്യാപാരങ്ങൾ സംഭവിക്കാം ആ ചിത്തവ്യാപാരം കൊണ്ട് ഞാൻ നീ എന്നുള്ള ഭേദം അനുഭവപ്പെടാം ജീവഭേദം അനുഭവപ്പെടാം അങ്ങനെ അനുഭവപ്പെടുന്നു ആ ഭേദം പരമാർത്ഥമല്ല എന്തുകൊണ്ട് അതിനാധാരമായിരിക്കുന്ന പരമാർത്ഥമല്ല ബാഹ്യമായ വസ്തുക്കളെ ആശ്രയിച്ചു വരുന്ന ഭേദം ആകാശത്തിനില്ല എന്തുകൊണ്ട് ആകാശം പരമാർത്ഥമായും ഭേദരഹിതമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ പ്രത്യക്ഷാനുഭവത്തിന് വിരുദ്ധമായൊരു സത്യത്തെ എങ്ങനെ അംഗീകരിക്കാം ബുദ്ധി കൊണ്ട് അംഗീകരിക്കാം എന്നിവിടെ പറയുകയാണ് പ്രത്യക്ഷാനുഭവമല്ല സത്യം എന്നും ബോധിപ്പിക്കുകയാണ് പ്രത്യക്ഷാനുഭവം ഭേദം സത്യം അദ്വയം അദ്വയത്തിൽ ഈ ഭേദം സംഭവിക്കാം അപ്പൊ ഇതെങ്ങനെ രണ്ട് നിലകൾക്കും അഭേദവും ഭേദവും എങ്ങനെ നിലകൾക്കും പറയുന്നു ഒന്ന് പരമാർത്ഥം അദ്വയം എന്ന് പറയുന്ന പരമാർത്ഥം അഭേദമെന്ന് പറയുന്ന പരമാർത്ഥം ഭേദമോ അത് ആരോപിതം അതെന്താണ് ആരോപിക്കുന്നത് ഈ ചിത്താവകാശം ചിത്തം മുതൽ ആരോപിക്കുന്ന ആദ്യം പറഞ്ഞ ഇതെല്ലാം ചിത്തസ്പന്ദനമാണ് എന്ന് പറഞ്ഞാൽ ചിത്രത്തിന്റെ ആരോപമാണ് അതെന്താണ് ആ ചിത്തം അതെങ്ങനെ ആരോപിക്കും ഏകമായിരിക്കുന്ന അതിൽ അത് സംഭവിക്കുന്നുണ്ടല്ലാരോപം പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോഴും അനുഭവത്തിൽ നിൽക്കുന്നത് എന്താണോ ഭേദമാണോ ഇതെങ്ങനെ സംഭവിക്കും അത് പറയുന്നു അവിദ്യ അതാണ് അവിദ്യ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ സ്വരൂപം അത് സാധ്യമല്ല അതിന്റെ സ്വരൂപത്തെ അനിർവചനീയമായിരിക്കുന്ന ഈ അവിദ്യാശക്തി കൊണ്ട് അതിന്റെ പരമാർത്ഥം എന്താണ് അത് പറഞ്ഞു അതിന്റെ സമാധാനം നേരത്തെ പറഞ്ഞെന്താണ് ദേവസ്വ യേശസ്വഭാവം എം ഇതാ ദേവന്റെ സ്വഭാവമാണ് എന്തായാലും ഇതിന്റെ അനുഭവസിദ്ധമാണ് ഭേദമനുഭവസിദ്ധമാണ് പ്രപഞ്ച അനുഭവസിദ്ധമാണ് ഇതെല്ലാം ജീവൻ അനുഭവസിദ്ധമാണ് അങ്ങനെയാണെങ്കിൽ ആ അനുഭവത്തിനൊരു കാരണം വേണം പരമാർത്ഥമെന്താണെന്ന് ശ്രുതി വെളിപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ജ്ഞാനികൾ വെളിപ്പെടുത്തുന്നു ഈ വൈരുദ്ധ്യാത്മകമായ ഈ അനുഭവത്തിന് ഒരു കാരണമാണ് അതെന്താണ് അതാ പരമാർത്ഥത്തിന്റെ സ്വഭാവം തന്നെ അങ്ങനെയിരിക്കുന്നു അഗ്നിയുടെ സ്വഭാവം ഉഷ്ണം എന്ന് പറയുന്നത് പോലെ ജലത്തിന്റെ സ്വഭാവം ശീതമെന്ന് പറയുന്നത് പോലെ ഇതാ പരമാർത്ഥത്തിന്റെ സ്വഭാവമാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരമാർത്ഥം സത്യം ഈ അനുഭവങ്ങൾ സത്യമല്ല എന്നുള്ള രീതിയിൽ ഇതിനെ വെറുതിരിക്ക സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താണോ ഒന്നിന്റെ സ്വഭാവം ഒരിക്കലും മറ്റൊന്നാവത്തില്ല സ്വഭാവം എന്ന് പറയുമ്പോൾ അതിനൊന്നും വെറുതിരിക്കാൻ കഴിയാത്ത അവസാനം അവിടെ എത്തിച്ചെന്താണോ ഇതൊന്നും ആ പരമാർത്ഥത്തിൽ ഒന്നും അന്യമല്ല ഇതെല്ലാം പരമാർത്ഥം തന്നെ അതുകൊണ്ട് പറയുന്നു ഒന്ന് തന്നെ നാനാരൂപത്തിൽ ഭാസിക്കുന്നു അവിദ്യയാണ് മൂലകാരണം ആ പരമാർത്ഥ വസ്തു മൂലകാരണം എന്നാണ് പറഞ്ഞു വരുന്നത് അവിദ്യ എന്ന് പറയുന്നതിന്റെ സ്വഭാവമാണ് സ്വഭാവം എന്ന് പറയുമ്പോൾ അന്യമല്ല അന്യമല്ലെങ്കിൽ കാരണമെന്ന് അത് തന്നെ ഇവിടെ പറയുന്നത് ഇനി വ്യക്തമായും മുറി എന്താണ് ആ മായ ആ മായാവിയിൽ നിന്നും അന്യമല്ല അതിന്റെ തന്നെ സ്വരൂപമാണ് ആ മായയുടെ പരിണാമമായിരിക്കുന്ന ആ മായയിൽ നിന്ന് അന്യമല്ല എന്നു വന്നാലേ ഇവിടെ അദ്വൈതമാകത്തുള്ളൂ ഇല്ലെങ്കിൽ ഭേദം ഇവിടെ ഭേദമില്ല എന്നുള്ളതാണ് പറയുന്നത് പരമാർത്ഥത്തിൽ ഭേദമില്ല അനുഭവത്തിൽ ഇതൊക്കെ കാണുന്നതോ ഈ സമാധാനം പറയുന്നത് അത് ദൃഷ്ടാന്തത്തിലൂടെ അതുകൊണ്ട് ഇത് വികാരമല്ല സ്വർണത്തിന്റെ വികാരം ആഭരണമായിരിക്കുന്നതുപോലെ അതൊന്ന സാധാരണ ദൃഷ്ടാന്തമായി പറയുന്നതാണ് പക്ഷെ പരമാർത്ഥത്തിൽ അതൊന്നും യോജിക്കത്തില്ല ജലത്തിന്റെ വികാരം തുപോലെ അതൊന്നും അതിനുകൊണ്ട് പോരായ്മി അവയവ യഥാ ഉച്ഛസ് ശാഖാദി അവയവമെന്ന് പറയാനും പറ്റത്ത അവയവം എന്ന് പറയുന്ന അവയവിൽ നിന്ന് വേറെയല്ല അഭേദത്തിനുദാഹരണം പറയുന്നതാണ് അവയവി അവയവഭാവം കാരണം വൃക്ഷത്തിൽ നിന്നൊരിക്കലും ശാഖ ഭിന്നമല്ല ആ ശാഖയും കൂടെ ചേർന്നാലേ വൃക്ഷമാകത്തുള്ളൂ അപ്പൊ മിക്ഷയത്ത് നമുക്ക് ശാഖയും മിക്ഷവും അത് അഭേദമാണെന്ന് പറയാം എന്നാലും ഇവിടെ ഇത് വിക്ഷയും മിക്ഷവും ശാഖയും പോലെയുമല്ല മിക്ഷവും ശാഖയും തമ്മിലുള്ള അഭേദത്തെ നമുക്ക് വ്യക്തമാണ് അവയവയും അവയവും തമ്മിലുള്ള എന്നാലും ഇവിടെ പോരായ്മകളുണ്ട് എന്താണ് ആ ശാഖകളെല്ലാം ശിഥിലമായി കഴിഞ്ഞാൽ പിന്നെ വൃക്ഷമില്ല ആ ഓരോ ശാഖയെയും ആശ്രയിച്ചിട്ടാണ് വൃക്ഷം നിലനിൽക്കുന്നത് അവയവങ്ങളെ ആശ്രയിച്ചിട്ടാണ് അവയവി നിലനിൽക്കുന്നത് നമ്മൾ ധരിക്കുന്ന എന്താണ് വൃക്ഷത്തിലാണ് ശാഖകളെന്നാണ് പരമാർത്ഥം അതല്ല ശാഖയിലാണ് വൃക്ഷം വൃക്ഷത്തിൽ ശാഖകളല്ല അത് നമ്മുടെ അനുഭവം നമ്മളെ തെറ്റായി ബോധിപ്പിക്കുകയാണ് എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം അവയവങ്ങളിലാണ് അവയവി നില്ക്കുന്നത് ുന്നു വസ്ത്രത്തിലാണ് നൂല് പക്ഷെ പരമാർത്ഥത്തിനെന്താണ് നൂലിലാണ് വസ്ത്രം എന്തുകൊണ്ട് നൂലവയവങ്ങളാണ് അവയവിയാണ് വസ്ത്രം അപ്പോൾ അവയവങ്ങൾ കൂടി ചേരുമ്പോഴാണ് വസ്ത്രം ഉണ്ടാകുന്നത് അല്ലാതെ വസ്ത്രത്തിൽ നൂലിനെ ഇരിക്കാൻ കഴിയത്തില്ല തലതിരിഞ്ഞു പക്ഷെ അനുഭവം നേരെ മറിച്ചാണ് അവയവങ്ങൾ ശിഥിലമായി കഴിഞ്ഞാലോ നൂല് മാറിക്കഴിഞ്ഞാലോ പിന്നെ വസ്ത്രം അതുപോലെ വൃക്ഷത്തിന്റെ നാനാവയവങ്ങളിൽ ചിലതാണ് ശാഖകളെന്ന് പറയുന്നത് ഈ അവയവങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ മാത്രമേ വൃക്ഷമാകൂ അതുകൊണ്ട് വൃക്ഷത്തിന്റെ ശാഖകളെ പോലെയല്ല ഈ കാണുന്ന ഭേദം ആ പരമാർത്ഥമായിട്ട് വൃക്ഷവും ശാഖയും പോലെയുള്ള ബന്ധവും അല്ലാതെ ഇവിടെയെല്ലാം നമുക്ക് അഭേദം പ്രതീതമാവുന്നുണ്ടെങ്കിലും സുവർണത്തിലും ആഭരണത്തിനും അഭേദം അനുഭവപ്പെടുന്നു ജലത്തിലും ബുദ്ബത്തിലും അഭേദം അനുഭവപ്പെടുന്നു വൃക്ഷത്തിലും ശാഖയിലും അഭേദം അനുഭവപ്പെടുന്നുണ്ട് അതുപോലെയല്ല അദ്വൈതത്വം മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെ ഉള്ള ബന്ധങ്ങളല്ല ഇവിടെ സർവാധാരമായിരിക്കുന്നു ഘടാകാശവും വികാരാമയവും യഥാതഥ അതുപോലെ തന്നെ ഈ ആകാശം ഘടാകാശം എന്ന് പറയുന്നു ആകാശത്തിൽ നമ്മൾ കൽപ്പിക്കുന്ന ഭേദം അതുപോലല്ല ആത്മാവിൽ നമ്മൾ കൽപ്പിക്കുന്ന ഭേദങ്ങൾ ഞാൻ നീ എന്നുള്ള ഈ ഭേദങ്ങൾ അതീ പറഞ്ഞ് ഈ ഒരു ഉദാഹരണത്തിലൂടെയും മനസ്സിലാക്കേണ്ടതല്ല ഈ ഒരു ഉദാഹരണത്തിനൊരു സമല്ല ആകാശ മാത്രമേ അതിനോട് ഊമിക്കാൻ പറ്റൂ യഥാ തഥാ ദൈവാത്മന പരസ്യ പരമാർത്ഥസത്വവും മഹാകാശ സ്ഥാനീയസ്യ ഘടാകാശസ്ഥാനോ ജീവ അതുകൊണ്ട് അങ്ങനെ മനസ്സിലാവും മഹാകാശത്തിന്റെ സ്ഥാനത്തിലാണ് പരമാത്മാവ് അതിൽ ഈ പറയുന്ന ഘടാകാശത്തിന്റെ സ്ഥാനത്താണ് ജീവൻ എന്ന് മനസ്സിലാവും അത് വികാരമോ അവയവമോ അല്ല അവിടെ ഭേദമില്ല ഉപാധി കൊണ്ടുവരുന്ന ഭേദമേ ഉള്ളൂ ആ ഉപാധിയുടെ സ്ഥാനത്താണ് ഇവിടെ മഠം ഘടം എന്നെല്ലാം പറയുന്ന ഉപാധിയുടെ സ്ഥാനത്താണ് ഈ ശരീരങ്ങൾ മനുഷ്യ ശരീരം വൃക്ഷശരീരം തുടങ്ങിയ ശരീരങ്ങൾ ചെറുതും ശരീരങ്ങൾ ആ ശരീരങ്ങളെല്ലാം അവിദ്യാപരിണാമങ്ങളാണ് അപ്പോൾ പരമാർത്ഥത്തിലൂടെ ഉപാധി എന്ന് അവിദ്യയാണ് അവിടെ ആ ഉപാധി കൊണ്ടാണ് ജീവപരഭേദം സംഭവിച്ചിരിക്കുന്നത് തത്വത്തെ തത്വമായി തന്നെ ഗ്രഹിക്കുക ആ ബോധം അതിനെയാണ് അദ്വൈത ബോധമെന്ന് പറയുന്നത് ആ ബോധമാണ് ഈ സംസാരത്തെ നിരാകരിക്കുന്നില്ലാതാക്കുന്നത് അതല്ലാതെ ഈ ഭേദത്തെ നിരാകരിക്കാൻ മറ്റൊന്നുമില്ല കാരണം സംസാരമെന്ന് പറയുന്നത് ഈ ഭേദമാണ് ഭേദമാണ് ജനനം ജീവിതം മരണമെന്ന് പറയുന്ന ഭേദമാണ് ഈ ഭേദത്തെ അഭേദജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും അല്ലാതെ ഇല്ലാതാക്ക അതുകൊണ്ട് ആ അഭേദത്തെ ബോധിപ്പിക്കുകയാണ് സദാ സർവതാ യഥോക്ത ദൃഷ്ടാന്തവും നികാരോ നവയവഹ അതുകൊണ്ട് ഈ ഭേദങ്ങളെല്ലാം ജീവഭേദമായാലും ശരി പ്രപഞ്ചഭേദമായാലും ശരി സർവ്വഭേദങ്ങളും യഥാ സദാ സർവദ ഇതാകാശം പോലെയാണ് ആകാശത്തിനോട് ഭൂമിച്ച് അതിന് മനസ്സിലാക്കുക പരമാർത്ഥത്തിൽ ഭേദമില്ലാതെ തന്നെ ഈ ഭേദങ്ങളെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭേദാനുഭവം പ്രത്യക്ഷമാണ് ആ പ്രത്യക്ഷമല്ലെങ്കിലും അതിനെ തത്വത്തിൽ കാരണം ഭേദം പരമാർത്ഥമല്ലാത്തതുകൊണ്ട് തന്നെ തത്വബോധത്തിൽ ആ ഭേദബോധം നശിക്കുന്നു അതാണ് ഞാനും കൊണ്ട് സംസാരം ഇല്ലാതാകുന്ന വാസ്തവത്തിലുള്ള ഒന്ന് ഞാനും കൊണ്ട് നശിക്കത്തില്ല വാസ്തവത്തിൽ നമ്മൾ കാണുന്ന സർപ്പം ഇത് സർപ്പമല്ല എന്നുള്ള ഞാനും കൊണ്ട് നശിക്കത്തില്ല എന്ത് ജ്ഞാനം കൊണ്ടായാലും സർപ്പ സർപ്പമായി തന്നെ ഇരിക്കും ഞാനം കൊണ്ടായാലും നശിപ്പിക്കാൻ ഒക്കത്തില്ല അനുകൊല്ലണമെങ്കിൽ തല്ലിക്കൊല്ലണം പക്ഷേ ഭ്രാന്തമാണെങ്കിലോ സർപ്പ അനുഭവം ഒരു കേവലം വിഭ്രവമാണെങ്കിലോ യഥാർത്ഥം ഞാനും കൊണ്ട് അത് പോകും അതുകൊണ്ട് ഈ പ്രപഞ്ചഭേദം അത് ആരോപിതമാണോ അതീ സത്തിന്റെ ഭാനമാണ് സത്തിൽ അനുഭവപ്പെടുന്ന ഒരു പ്രതീതിയാണ് എന്തുകൊണ്ടാണ് പ്രതീതി എന്ന് വിളിക്കുന്നത് കാരണം അത് പരമാർത്ഥമല്ല പരമാർത്ഥമല്ലാത്തതെല്ലാം പ്രതീതിയാണ് ഇവിടെ പറയുന്നു പരമാർത്ഥം അഭേദമാണ് പരമാർത്ഥം അഭേദമാണ് അദ്വയമാണെങ്കിൽ ഭേദം അനുഭവപ്പെടുന്നത് കേവലം പ്രതീതി മാത്രമാണ് ഭാനം മാത്രമാണ് അത് കേവലര് ഭാനം മാത്രമാണെങ്കിൽ ആ പരമാർത്ഥബോധം കൊണ്ട് അതല്ലാതാണ് പരമാർത്ഥ ബോധം കൊണ്ട് ഭേദം നിവൃത്തി സംഭവിക്കും അതുകൊണ്ട് പറയുന്നു ജ്ഞാനം കൊണ്ട് സംസാരം ആ സംസാര നിവൃത്തി തന്നെയാണ് മോക്ഷമെന്ന് പറയുന്നത് അതാണ് അദ്വൈതിയുടെ നിലപാട് ഇത് ഭാനമാണ് പ്രതീതിയാണ് എന്ന് ബോധ്യം വന്നാലേ സംസാരം നിവൃത്തി വരുത്തുള്ളൂ അല്ലാതെ സംസാര നിവൃത്തിക്ക് മറ്റ് ജപതപങ്ങളൊന്നും തന്നെ നേരിട്ട് സഹായിക്കുന്നു അതല്ല ഒരുപക്ഷേ അതനുഷ്ഠിക്കുന്നവനിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കാം ചില ഗുണങ്ങൾ അവന് ലാധാനം ചെയ്യാം ചില ദോഷങ്ങൾ നീക്കം ചെയ്യാം എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാക്കാം പക്ഷെ സംസാര നിവൃത്തിക്ക് ഈ പരമാർത്ഥബോധമല്ലാതെ മറ്റു യാതൊരു വായുവും ഇല്ല എന്നാണ് അദ്വൈതത്തിന്റെ നിലപാട് അവിടെ മാത്രമേ ഈ ഭേദം കൽപ്പിതമാണു ഭ്രാന്തിയാണ് എന്ന് സ്വീകരിക്കുന്നത് ഉം എങ്ങനെ അവിദ്യ മായ അവിദ്യ എന്ന് പറഞ്ഞാൽ മായവിടെയാണെന്ന് പറഞ്ഞാൽ ആലോചിക്കുക ഇവിടെ ഏത് ഭാഗത്ത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാലേ നമുക്കത് വിശദീകരിക്കാൻ പറ്റും ഇതിനോട് യോജിക്കുന്നതാണോ ഏത് സന്ദർഭത്തിലാ പറഞ്ഞത് ഇവിടേക്കും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അദ്വൈതം അദ്വൈതത്തിൽ ഇവിടെ പ്രത്യേകിച്ചും അവിദ്യ മായ എന്നെല്ലാം അഭേദമായി പറഞ്ഞിരിക്കുന്നു പരമാർത്ഥമല്ല എന്നുള്ള അർത്ഥത്തിൽ മറ്റത് എവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതിനോട് യോജിക്കുന്നതാണോ ലോകത്തിലുള്ള ആധ്യാത്മിക സിദ്ധാന്തങ്ങളെല്ലാം അദ്വൈതമല്ല പല സിദ്ധാന്തങ്ങളുണ്ട് പല കാഴ്ചപ്പാടുകളുണ്ട് പലരും പല സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഇതിനോട് യോജിക്കണമെന്നില്ല അപ്പടെ ആര് എപ്പോ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അദ്വൈതത്തിന്റെ സന്ദർഭത്തിലാണെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താം അല്ലെങ്കിൽ അത് വ്യാഖ്യാനിച്ച ശരിപ്പെടുത്തില്ല ഈശ്വരനെ അത് പറഞ്ഞല്ലോ ബാക്കിയുള്ള എല്ലാ ജപതപാധി എല്ലാ സാധനങ്ങളും അതിനെന്നെ അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട് അതിന്റെ കൂട്ടത്തിൽ പലതും വരും അതിന്റെ കൂട്ടത്തിൽ എന്തിനും ഉൾപ്പെടുത്താം അതൊന്നും ആവശ്യമില്ലാത്തതാണെന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ നമ്മളെ ഇതിന്റെ പ്രത്യേകത അതാണ് പരമാർത്ഥ ബോധിപ്പിക്കുന്നു നിങ്ങൾക്കത് പറ്റുമോ ഇല്ലയെന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് രണ്ടാമതേ വരുന്നു പരമാർത്ഥം ഇല്ലതാണ് ആ പരമാർത്ഥത്തെ ബോധിച്ചാൽ മറ്റൊന്നിന്റെ ആവശ്യമില്ല പരമാർത്ഥത്തെ ബോധിച്ചാൽ അവൻ മുക്തനായി അവൻ ബദ്ധനല്ല അല്ലെങ്കിൽ അവൻ ബദ്ധൻ മുക്തൻ എന്നെല്ലാം ഉള്ള കൽപ്പനകൾക്ക് അതീതനായി അതാണ് പരമാർത്ഥം താനൂടെ ബോധിപ്പിക്കുന്നത് അതിന് വേണ്ടുന്നത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അതിന് വേണ്ടുന്നതെന്നാണ് തത്വജ്ഞാനം നേരത്തെ പറഞ്ഞു തുരിയാധ്യമം അപ്പോൾ ആ ഒരു പരമാർത്ഥത്തിൽ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തവർ ആ ബോധത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് വേണ്ടി മറ്റു പല കാര്യങ്ങളും പറയുന്നു അനന്തമായ ശാസ്ത്രങ്ങളുണ്ട് അനന്തമായ സാധനങ്ങളുണ്ട് അതെല്ലാം ഓരോരുത്തർക്കും ആരോരുടെ നിലയിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാം ഇവിടെ നമ്മൾ ഇതിനെ അതിനെയെല്ലാം കൂടെ കൂട്ടിക്കെട്ടാൻ പോയാൽ ആവശ്യക്കൊടുക്കുന്നുണ്ട് വരും എല്ലാത്തിനും ഇതിനോട് യോജിപ്പിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി പറയുന്നു മറ്റ് അസ്പഷ്ടമായ പല കാര്യങ്ങളും ഇതിനോട് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാലും ശരിയാകും എന്ന് പറഞ്ഞാൽ അനേക ഉപാസനകൾ യോഗമാർഗങ്ങൾ തന്ത്രമന്ത്രങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ അതെന്നെ ഇവിടെ കൊണ്ടുവന്നു ഏച്ചുകെട്ടാ ശ്രമിച്ചാൽ നടക്കത്തില്ല ജ്ഞാനത്തെ കുറിച്ച് തന്നെ പലതരത്തിൽ പറയുന്നു അതൊന്നും ഇവിടെ നിലനിൽക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ആ തത്വജ്ഞാനത്തിന്റെ വ്യക്തത ആ തത്വജ്ഞാനത്തിന്റെ തത്വം എന്ന് വെച്ചാൽ പരമാർത്ഥം പരമാർത്ഥ ജ്ഞാനത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളവിടെ പറയും അല്ലാതെ മറ്റ് ചില കാര്യങ്ങൾ പറയുന്നത് തന്നെ അതിനെ നിഷേധിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഇതിനോട് നമ്മൾ ബന്ധപ്പെടുത്താൻ ശ്രമിച്ച ആശയ കൊള്ളണം സാങ്കേതികമായ ഒരുപാട് പദങ്ങളും ഒരുപാട് വിവരണങ്ങളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പലയിടത്തും വരുന്നു അന്ന് നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല പലരും ഇവിടെ യോജിപ്പിക്കേണ്ട കാര്യവുമില്ല ഇവിടെ ഒരു പരമാർത്ഥം മാത്രം ബോധിപ്പിക്കുന്നു എന്താണ് ദേവസ്വ യേശസ്വഭാവ എം എല്ലാത്തിനും സമാധാനമായി പറയുന്നതാണ് അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം ചിന്തിക്കുന്നത് ഇത് സർവ്വത്തെയും ഇവിടെ ദേവന്റെ സ്വഭാവമായി കാണുക അതാണ് ഇവിടെ പറഞ്ഞ നിശ്ചയം സംശയാത്മകമായ ജ്ഞാനങ്ങളെ ബ്രഹ്മാത്മകമായ ജ്ഞാനങ്ങളെ അജ്ഞാനത്തിൽ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് വികാരവും അവയവവുമല്ല ഇവിടെ തുരിയെ കുറിച്ച് പറയുമ്പോ പറയുന്നിടത്ത് കുണ്ടലിനി ശക്തിയെ കുറിച്ച് പഠിക്കണമെന്നു വെച്ചാൽ പറ്റത്തില്ല അതെന്നറിയണം അതിന് എട്ട് ജിറ്റാണോ മൂന്നര ജുറ്റാണോ നാല് ജിറ്റാണോ എന്നൊക്കെ ചോദിച്ചു അത് ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്താൻ നോക്കത്തില്ല അത് വേറെ പാഠശാല വേറെ ഇതിന്റെ പാഠശാല വേറെ അപ്പം അതും ഇതുമായിട്ട് നമുക്ക് ഇതിന്റെ വിശദീകരണങ്ങൾ വേറെ രീതിയിലാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട് ഒരുപാട് പുസ്തകം വായിച്ച അറിവുണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട അറിവുണ്ട് ഒരുപാട് സ്വാമിമാരുടെ ഉപദേശങ്ങളുണ്ട് എല്ലാം നമ്മുടെ മനസ്സിലിരിക്കും പക്ഷെ ഇവിടെ എന്താണ് ഗൌഢപാധാചാരിയുടെ ഉപദേശം അതുമാത്രമേ ഇവിടെ ഇപ്പം നിലനിൽക്കത്തുള്ളൂ ബാക്കി ഉള്ള ഉപദേശങ്ങളും കാര്യങ്ങളും മറ്റ് പദങ്ങളും നിർവചനങ്ങളും ഒന്നും ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാവത്തുള്ളൂ കാരണം ഇത് മറ്റൊന്നിനോടും സന്ധി ചെയ്യുന്ന ഒന്നല്ല കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നല്ല ഇതെന്താണോ സത്യം അതിനെ അതായിട്ട് വെളിപ്പെടുത്തുന്ന ഒന്നാണ് പാണ്ഡവീതന്നെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന വിദ്വാൻമാരുകാണും പക്ഷെ ഇവിടെ ഭാഷകാരനോ അല്ലെങ്കിൽ ആചാര്യനോ ഒന്നും ആ രീതിയിലല്ല ഈ തത്വത്തെ അവതരിപ്പിക്കുന്നു അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ പല ധാരണകളെയും ഇവിടെ നിരാകരിക്കുകയാണ് നിരാകരിക്കുമ്പോൾ നമ്മളതിനെ അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടിവിടെ ആ പരമാർത്ഥം മാത്രമേ പറയൂ അത ആത്മഭേദകൃതവും വ്യവഹാരവും ഇതാണ് ആദ്യ അവസാനമായി പറയുന്നത് കേട്ടിട്ട് നമുക്ക് ബോധ്യമില്ലാത്തോണ്ട് വീണ്ടും പറയുന്നു കേട്ട അറിവിനെ അനുഭവപ്പെടുത്താൻ വീണ്ടും അതിനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഇവിടെ എല്ലാം പറയുന്നുണ്ട് ആദ്യം പറയുന്നു ഇത് കേട്ടോ ഇത് കേട്ടോ ബോധ്യപ്പെടേണ്ട കാര്യമാണോ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമുള്ള ഒരു കാര്യം അതാണ് ഭാഷ്യകാരന്റെ നിലപാട് ആദ്യം തന്നെ പറയുന്ന കാരണം കേൾവിയിൽ തന്നെ ഇത് ബോധ്യപ്പെടണം സത്യം അതിന്റെ സ്വഭാവം അങ്ങനെയാണ് കേൾവി ബോധ്യപ്പെടണം പിന്നെ സംശയവും ഭ്രാന്തിയൊന്നും ആ വിഷയത്തിൽ വരാൻ പാടില്ല പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടിട്ട് ബോധ്യപ്പെട്ടില്ല അവരെയും മനനം ചെയ്യുക വീണ്ടും ചിന്തിക്കുക അവസാനം ഈ പ്രകടനം അതൊന്നും നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ സമാധി എന്ന് പറയുന്നത് പരിശോധിച്ച് നോക്കാം അതുകൊണ്ട് എന്താണ് നിങ്ങൾ സമാധി വരെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് സമാധി വരെ വേണ്ടി വന്നാൽ പരിശോധിച്ച് നോക്കാം പക്ഷെ സമാധി എന്ന് പറയുന്നത് മുഖ്യമായ ആയുധമല്ല അവസാനത്തെ ആയുധമാണ് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ മുഖ്യം ശ്രവണം തന്നെ ശ്രവണത്തിൽ പരാജയപ്പെടുന്നവർക്ക് സമാധി വരെ പോകാം അവിടെയെല്ലാം ബോധിപ്പിക്കുന്ന എന്താണ് ഈ പറഞ്ഞ കാര്യം ആത്മഭേദകൃത വ്യവഹാരവും ആത്മഭേദത്തെ ആശ്രയിച്ച് ഇവിടെ നടക്കുന്ന എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം കൽപ്പനയാണ് ആരോപണമാണ് തന്നെ തന്നെ തന്നെ ആരോപിച്ചിരിക്കുന്നതാണ് ഇതാണ് ബോധ്യപ്പെടേണ്ടത് ഇതാണ് അദ്വൈതം അദ്വൈതം എന്താണ് അദ്വൈത സിദ്ധാന്തം അത് മനസ്സിലാക്കാനാണ് ഇതിന്റെ ചർച്ച ഇതിൽ നിന്ന് നമ്മൾ മറ്റെന്തെങ്കിലും മനസ്സിലാക്കാമില്ല അതൊന്നും സാധ്യമല്ല അദ്വൈതം എന്താണെന്നിവിടെ വ്യക്തമാണ് ബാക്കി മനസ്സിരിക്കുന്നത് കളഞ്ഞാലേ ഇത് ഉള്ളിലേക്ക് കയറത്തോളൂ ഇത് ഇതിന്റെ ശരിയായ രീതിയിൽ ബാക്കി മന്ത്രതന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചാലേ പറ്റും തുദ്ധാ आत्मा तथा जन्म യേദബുദ്ധിബന്ധനോഹോ തസ് തത് ആത്മനോ നരമാർത േദം അർത്ഥം ദൃഷ്ടാന്തേന പ്രതിപിപാതീശൻ ആഹാകാശം തുടങ്ങിയ ഭേദബുദ്ധികൊണ്ട് രൂപം കാര്യം തുടങ്ങിയ ഭേദവ്യവഹാരങ്ങളുണ്ടാവും അങ്ങനെ ഇത് ചെറിയ ആകാശമാണ് അത് വലിയ ആകാശമാണ് ഈ ആകാശത്തിന്റെ ഉപയോഗം ഇന്നതാണ് മറ്റതിന്റെ ഈ തരത്തിൽ ബാഹ്യ ബോധത്തിൽ ഈ ആകാശത്തെ ആശ്രയിച്ചുള്ള നാനാ തരത്തിലുള്ള വ്യവഹാരങ്ങൾ വ്യവഹാരം നമ്മുടെ അനുഭവങ്ങൾ തന്നെ ആ അനുഭവത്തെ തുടർന്നു വരെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും വാക്കുമെല്ലാം നടക്കുന്നു ഇതെല്ലാം ബാഹ്യമായി അനുഭവപ്പെടുന്ന ഈ ഭേദത്തെ ആശ്രയിച്ചിട്ട ഇതുപോലെ ദേഹോപാധി ജീവഭേദ ഗൃദവും ഈ ദേഹ ഉപാധികളെ ആശ്രയിച്ചിട്ടുള്ള ജീവഭേദം നമ്മുടെ ശരീരം തുടങ്ങി ബാഹ്യമായി അനുഭവപ്പെടുന്ന സർവവും ദേഹങ്ങളാണ് ചരാചരങ്ങളെല്ലാം ദേഹങ്ങളാണ് ജഡവും ചൈതന്യവത്തായത് സർവവും ദേഹങ്ങളാണ് ഒന്നിന്റെ അല്ലെങ്കിൽ ദേഹമാണ് ഇവിടെ ദേഹമല്ലാത്ത ജഡമെന്ന് നമ്മൾ കരുതുന്നതും മറ്റ് പലതിന്റെയും ദേഹമാണ് ബാഹ്യമായി അനുഭവപ്പെടുന്ന നാമരൂപാത്മകമായിരിക്കുന്ന സ്ഥൂലമായി നമുക്ക് അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം തന്നെ വാസ്തവത്തിൽ ദേഹം അല്ല ദേഹം എന്ന് പറയുമ്പോ എന്റെ ശരീരം നിന്റെ ശരീരം ഒന്നും കരുതണം നമുക്കനുഭവപ്പെടുന്ന സർവ്വതും ദേഹമാണ് നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന സർവ്വവും ാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ ദേഹഭേദങ്ങൾ ഇതിനാശ്രയിച്ച് ജന്മമരണാദി വ്യവഹാരമാണ് തന്റേതായാലും അന്യന്റേതായാലും തന്നെ കുറിച്ച് പറയുന്നു ഞാൻ ജനിക്കുന്നു താൻ മരിക്കുന്നു എന്ന് പറയുന്നു തന്റെ ജനനത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നു ആരാർക്കും അനുഭവപ്പെടാറില്ല പക്ഷേ സങ്കല്പിക്കാറുണ്ട് മരണത്തെക്കുറിച്ചും സങ്കല്പിക്കുന്നേ ഉള്ളു ജനന മരണങ്ങളുടെ അനുഭവം അവയുക്തമാണെന്നാണ് നമ്മൾ സങ്കൽപ്പിക്കുന്നു സങ്കല്പിച്ച് വിവഹരിക്കുന്നു സ്വ അനുഭവം പോലെ വിവരിക്കുന്നു ആർക്കും അത് അനുഭവമായി വിവരിക്കാൻ സാധ്യമ മരണാനുഭവത്തെയും ജനനാനുഭവത്തെയും ആർക്കും വിശദീകരിക്കാൻ വയ്യ എന്നാലും അനുഭവം പോലെ നമ്മൾ അതിനെ സങ്കല്പിച്ച് വിവരിക്കുന്നു ദൃഷ്ടാന്തങ്ങളിലൂടെ അതിനെ അറിഞ്ഞിട്ട് വിവരിക്കുന്നു അതുപോലെ അന്യന്റെ സർവശരീരങ്ങളുടെയും ജനന മരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു പറയുന്നു പ്രവർത്തിക്കുന്നു ഇതെല്ലാം എന്താണ് ഈ ശരീരഭേദം കൊണ്ട് സംഭവിക്കുന്നതാണ് ബാഹ്യമായി കാണുന്ന ഈ രൂപങ്ങളെ കണ്ടുകൊണ്ടാണ് ഈ വ്യവഹാരങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ക്ലേശകർമ്മ ഫല മലബദ്ധം ആത്മനോ അതുകൊണ്ട് തന്നെ എന്തുവരുന്നു തന്നിൽ നിരവധി ക്ലേശങ്ങളെ ആരോപിക്കുന്നു കർമ്മങ്ങളെ ആരോപിക്കുന്നു കർമ്മഫലങ്ങളെ ആരോപിക്കുന്നു ദോഷങ്ങളെ ആരോപിക്കുന്നു തന്നിൽ മലവത്വം എന്ന് പറയുന്നു ഗുണങ്ങളെയും ദോഷങ്ങളെയും ആരോപിക്കുന്നു പറയുന്നു എന്താണോ തന്നിൽ അജ്ഞാനം എന്ന് പറയുന്ന ദോഷമുണ്ട് അതുകൊണ്ട് അഹന്തയുണ്ട് രാഗദ്വേഷങ്ങളുണ്ട് മക്രോധാദികളുണ്ട് ഇതെല്ലാം തന്നെ കത്തിക്കുകയാണ് ദോഷങ്ങൾ എവിടെ ആത്മനഹ തന്റെ ദോഷരഹിതമായ സ്വരൂപത്തിൽ ഈ ദോഷങ്ങളെയൊക്കെ ആരംഭിക്കുന്നു ഇത് തന്നെ സംസാരം ഇന്ന് പരമാർത്ഥത ഇതൊന്നും പരമാർത്ഥമല്ല എന്നാണ് ബോധിപ്പിക്കുന്നത് ആത്മാവിൽ അജ്ഞാനമില്ല ആത്മാവിൽ അഹന്തയില്ല ത്മാവിന്റെ ഹന്തി ആശ്രച്ചു വരുന്ന ദോഷങ്ങളുമില്ല ക്ലേശങ്ങളും കർമ്മവും അതിന്റെ ഫലവും ഇല്ല ഇത്യേതം അർത്ഥം ദൃഷ്ടാന്തേന പ്രതിവിപാദീശൻ വീണ്ടും ഉദാഹരണത്തിലൂടെ ഏറ്റവും സ്പഷ്ടമായ ആകാശ ഉദാഹരണത്തിലൂടെ പ്രതിപാദനം ചെയ്യുന്നതിന് വേണ്ടി പറയുകയാണ് യഥാഭൂതി ലോകയും ബാലാനാം അവിവേകിനാം ആകാശം ഘനരജോ ധൂമാതി മലിനം ഗഗനം മനവത് യാഥാ ബാലന്മാർ ഈ ഉദാഹരണം ബ്രഹ്മസൂത്രത്തിനും ചർച്ച ചെയ്ത ആകാശത്തെ ഘനരചവും വളരെ കട്ടിയുള്ള പൊടിപടലങ്ങൾ ആകാശത്തിന്റേതാണെന്ന് കരുതുന്നു ആകാശത്ത് ധൂമുണ്ടെന്ന് കരുതുന്നു അതുകൊണ്ട് ആകാശം മലിനമായെന്ന് വരുന്നു ആകാശത്തിൽ തന്നെയാണ് ഇതെല്ലാം നിൽക്കുന്നത് അതിൽ തെർക്കമില്ല ധൂമം ആകാശത്തിൽ തണ്ട് പക്ഷേ ആ ധൂമം കൊണ്ട് ആകാശം മലിനമായെന്ന് വരുന്നു ധൂമത്തിന് ആകാശത്തെ മലിനമാക്കാൻ മറയ്ക്കാൻ ഒന്നും സാധ്യമല്ല ഗഗനം മലവത് ഗഗനത്തിൽ ഒരിക്കലും ഒരു മാലിന്യവും സംഭവിക്കത്തില്ല എന്നാലും അത് സംഭവി ചിതാകാശത്തിൽ ചിത്തം കൊണ്ടോ ഈ ഭൂതങ്ങളെ കൊണ്ടോ പഞ്ചഭൂതങ്ങളെ കൊണ്ടോ ഒരു മാലിന്യം സംഭവിക്കത്തില്ല അജ്ഞാനം കൊണ്ട് അതിന് മാലിന്യം സംഭവിക്കത്തില്ല അഹന്ത കൊണ്ട് അതിന് മാലിന്യം വരത്തില്ല രാഗദ്വേഷങ്ങളോ കാമക്രോധങ്ങളോ കൊണ്ടൊന്നും തന്റെ സ്വരൂപമാകുന്ന ചിതാകാശത്തിൽ ഒരു മാലിന്യം സംഭവിക്കത്തില്ല എന്നാലും കരുതുന്നെന്താണ് ഞാൻ പാപിയാണോ ഞാൻ ദോഷമുള്ളവനാണോ ഞാൻ അജ്ഞനാണ് അഹന്തയുള്ളവനാണ് ഈ തരത്തിൽ ചിന്തിച്ചു പോകും ഇത് പരമാർത്ഥമല്ലെന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ഇതാണ് അദ്വൈതം അങ്ങനെ ചിന്തിച്ചാൽ ദ്വൈതമായി ഞാൻ ദ്വൈതം എന്താണെന്ന് എന്നെ ആരോപിക്കുന്നതാണ് ഒരുവൻ ചിന്തിക്കുന്നു ഞാൻ അജ്ഞനാണ് എനിക്ക് ജ്ഞാനം വേണം ഇതാണ് ദ്വൈതം ചിന്തിക്കുന്നു എന്നിൽ അഹന്തയുണ്ട് അഹന്ത ആശ്രയിച്ച് രാഗദ്വേഷങ്ങൾ കാമക്രോധാദികളെല്ലാം നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നതല്ല ഈ കൽപ്പന അതാണ് ദ്വൈതം ആരോപിതം കൽപ്പിതം എന്ന് പറയുന്നത് ചിന്തിച്ചല്ലേ ഇതുണ്ടാക്കുന്നു അതാ പരമാർത്ഥത്തിന് ഇതങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും ഇല്ലല്ലോ ചിന്തിക്കുമ്പോഴേ ഇതുള്ളൂ അജ്ഞനാണെന്ന് ചിന്തിച്ചില്ലെങ്കിൽ അവിടെ അജ്ഞാടെ സുഷുതി അവിടെ ചിന്തിക്കുന്നില്ല അവിടെ അജ്ഞയമില്ല ശ്യങ്ങളില്ല ഉണർന്നിട്ടെല്ലാം കൽപ്പിക്കുകയാണ് അവിടെ അജ്ഞതയുണ്ടായിരുന്നു അവിടെ ഇതിന്റെ എല്ലാം ബീജമുണ്ടായിരുന്നതെല്ലാം ഉണർവിലുള്ള കൽപ്പനകളാണ് ഉണർവിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ഇതെല്ലാം എവിടെ നിന്ന് വന്നു ഇത് വരാൻ ഏതാ വഴിയപ്പോ ഇതിന്റെ എല്ലാം കാരണം അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കൽപ്പിക്കുകയാണ് ഇതില്ല എന്നാണ് പറയുന്നത് ആരോപിതമായ അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇതിൽ നിന്ന് പരമാർത്ഥബോധം കൊണ്ട് മോചനം വരുന്നത് ഇതെല്ലാം നിലനിൽക്കുന്നത് കേവലം ആരോപിതമായി കൽപ്പിതമായിട്ടാണ് അതാണ് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കുന്നത് ഈ ബദ്ധനാണെന്ന് വെറുതെ കൽപ്പിക്കുകയാണ് ആ കൽപ്പനയുടെ ആശ്രയത്തിൽ വെറുതെ പരിശ്രമിക്കണം ഈ ബന്ധനത്തിൽ നിന്നും മോചിക്കണം ഇല്ലാത്ത ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി വെറുതെ പരിശ്രമിക്കും ഇതെല്ലാം കൽപ്പനകളാണ് എന്നുള്ള പരമാർത്ഥത്തെ ബോധിപ്പിച്ചാൽ അവിടെ ബന്ധമോക്ഷങ്ങളില്ല പിന്നെ അതിനുവേണ്ടി പരിശ്രമത്തിന്റെ ആവശ്യമില്ല പക്ഷെ ആ സത്യത്തെ ബോധിക്കാതെ അസത്യത്തെ അംഗീകരിച്ചു മോചനത്തിന് വേണ്ടി അവൻ കഠിനമായ പരിശ്രമം ചെയ്തു ഇത് മിഥ്യയായ ധാരണയാണ് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ആവർത്തിച്ചാ വെച്ച് പറയുന്നത് ബോധത്തിലാണ് തിരുത്തൽ വേണ്ടത് ആ തിരുത്തലില്ലാതെ ചെയ്യുന്ന പരിശ്രമങ്ങളെല്ലാം വൃധാ പരിശ്രമങ്ങളാണ് ഇതൊരിടത്തും കൊണ്ടെത്തിക്കത്തില്ല ഇത് ബന്ധനത്തെ പറത്തി അത് കൂട്ടത്തേ ഉള്ളൂ അത് ചെലന്തിയുടെ ഒരേപ്പെട്ട പ്രാണിയെപ്പോലെയാണ് അതായത് ഒന്ന് മോചിക്കാൻ ശ്രമിക്കുന്നവരും ബന്ധനം കൂടിക്കൂടിക്കൂടി വരത്തേ ഉള്ളൂ അപ്പോ ബന്ധനത്തിനുള്ള പോംവഴി എന്താണെന്ന് ധരിക്കാ ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള എന്താണെന്ന് ധരിക്കാതെ അതെന്താണിവിടെ പരമാർത്ഥ ജ്ഞാനമാണ് ബന്ധനം പരമാർത്ഥമല്ല എന്നുള്ള ബോധമാണ് പരമാർത്ഥ അതല്ലാതെ ഈ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം അബദ്ധമെന്നാണ് ഇവിടെ പറയുന്നത് അവിവേകി നാം ഇതെല്ലാം അവിവേകൾ ഇങ്ങനെ പരിശ്രമിക്കുന്നു സാഹസമായ പ്രയത്നങ്ങൾ ചെയ്യുന്നു പരീക്ഷണങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം സത്യമെന്ന് കരുതി ബന്ധമോചനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു പരമാർത്ഥത ഇതല്ലെന്നാ പറയുന്നു എന്നാമലവത് ആകാശം ഒരിക്കലും മാലിന്യമാകാത്തതുപോലെ സ്വരൂപത്തിലും ഒരിക്കലും മാലിന്യമില്ല ഇല്ലാത്ത മാലിന്യത്തിൽ നിന്നെങ്ങനെ മോചനമുണ്ടാവും കഥാ ഭൗതിഅത്മാ അതുപോലെ തന്നെയാണ് ഈ ആത്മാവും പരോപി സർവബന്ധനങ്ങളിൽ നിന്നും പരനാണെങ്കിലും സംസാരാതീതനാണെങ്കിലും അതാണ് പരമാർത്ഥം യോ വിജ്ഞാത പ്രത്യ ഈ വിജ്ഞാതാവായിരിക്കുന്നവൻ സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ അതിനാണ് ചിതാകാശം ബോധാകാശം എന്ന് പറയും വികാരങ്ങൾക്കും ആധാരമായിരിക്കുന്നവൻ അതാണ് പ്രത്യേകം ശരിയായ ശബ്ദം പ്രത്യേകത ഒന്നും പ്രയോഗിക്കാറില്ല മയാകരന്മാർ പറയും ശരിയല്ല പ്രത്യേകല്ല പ്രത്യേകമാണെന്ന് പറയും ഏത് തെറ്റിനും വ്യാകരണം ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ശരിയാണ് ഇവിടെ വയ്യാകരണന്മാര് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ക്ലേശ കർമ്മഫല മലയിർ മലിനോ ഈ പ്രത്യേക സ്വരൂപം സർവാന്തരമായിരിക്കുന്ന ഈ സ്വരൂപം സർവവിജ്ഞാതാവായിരിക്കുന്ന നിന്റെ സ്വരൂപം എന്നാണ് പറയുന്നത് ക്ലേശകർമ്മഫലമലേ മലിനോ അബുദ്ധാനാം ക്ലേശങ്ങൾ കൊണ്ട് കർമ്മം കൊണ്ട് അതിന്റെ ഫലങ്ങൾ കൊണ്ട് സർവമലങ്ങളെക്കൊണ്ടും അത് മലിനമായിരിക്കുന്നു അബുദ്ധനൻ പരമാർത്ഥത്തെ ബോധിക്കാത്തവൻ എന്നിട്ടവൻ അതിനെ നീക്കാൻ ശ്രമിക്കുന്നു തന്നെ ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നു പരമശുദ്ധനായിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു തന്നെ ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നു തന്റെ കൽപ്പനകൾ കൊണ്ട് സൃഷ്ടിച്ച മാലിന്യങ്ങളിൽ നിന്നും തന്നെ ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് പരമാർത്ഥം ഇതാണ് സത്യം എന്തുകൊണ്ട് പ്രത്യേകാത്മവിവേകരഹിതാനം സ്വസ്വരൂപ ബോധമില്ലാത്തവനോ ഈ മാലിന്യമെല്ലാം താൻ ആരോപിച്ചതാണെന്നുള്ള വിവേകമില്ലാത്ത എന്തെല്ലാം തപസ് ചെയ്യുന്നു എന്തെല്ലാം പരിശ്രമിക്കുന്നു പറയുന്നെന്താണ് വിവേകരഹിതന്മാർ ബോധരഹിതന്മാർ ബോധമില്ലാത്തവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു ഇവിടെ ശ്രുതിയും ആചാര്യനും ആ ബോധത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ ബോധത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വഴിയാണ് ഈ വിവരണങ്ങൾ ആത്മാ അബുധാരോപിതാദി മലയും മലിനോ ഭഗവതി പറയുന്നു നിന്റെ ബുദ്ധിജൂന്യത കൊണ്ട് അബുദ്ധൻ ബോധമില്ലാത്തവൻ നിന്റെ മൂർഖത കൊണ്ട് നീ ആരോപിച്ചിരിക്കുന്ന ഈ മാലിന്യം കൊണ്ട് ഒരിക്കലും നീ മലിനനാകത്തില്ല നിന്റെ ബുദ്ധിശൂന്യത കൊണ്ട് നീ കൽപ്പിച്ചിരിക്കുന്ന ഈ ദോഷങ്ങൾ കൊണ്ട് നീ ഒരിക്കലും ദുഷ്ടനായി തീരത്തില്ല ദോഷയുക്തനായി തീരത്തില്ല ഈ പരമാർത്ഥബോധം ഇതാണ് വേണ്ടത് അല്ലാതെ ഇല്ലാത്ത ദോഷങ്ങളെ ില്ലാതാക്കാനുള്ള ബാഹ്യമായ പ്രയത്നങ്ങളല്ല അതാണ് പറയുന്നത് കർമ്മം കൊണ്ട് ഒന്നും നേടത്തില്ല ജ്ഞാനം കൊണ്ടേ നേടത്തുള്ളൂ പരമാർത്ഥബോധം കൊണ്ടേ നേടാനുള്ളൂ പരമാർത്ഥ ബോധം കൊണ്ട് എന്താ നേടുന്നത് തന്റെ ഈ കൽപ്പനകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ക്ലേശാദി മലേ മലിനോ നഭവതി എന്നുള്ള ആ ബോധം ആ ഉൾക്കാഴ്ച അത് മതിയെന്നുള്ളാണ് ഇവിടെ പറയുന്നത് അതല്ലാതെ മറ്റൊന്നും ഇവിടെ ആവശ്യമില്ല തന്നെ കുറിച്ചുള്ള പരമാർത്ഥ ബോധം അത് ഒരു ശ്രോതാവിന്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ചകളല്ല അത് പ്രകാശിച്ചാൽ അതുതന്നെയാണ് പരമാർത്ഥം അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് മുക്തിയെന്ന് പറയാം അല്ലെങ്കിൽ ബന്ധമോക്ഷങ്ങൾക്ക് ഉപരിയായ സ്ഥിതി എന്നും പറയാം തത്മാവിമലിനോമലൈ ശ്രീ ശശി ഓ ശാന് ശാന് ശാന്തി